കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് രണ്ടു വിഭാഗങ്ങളായത് അവർ സമ്പാദിച്ചതുകൊണ്ട് അള്ളാഹു സുബഹാനഹൂവറ്റ ആല അവരെ അധഃപ്പതിപ്പിച്ചു അള്ളാഹുസുബഹാനഹൂവറ്റ ആല വഴിതെറ്റിച്ചവരെ നിങ്ങൾ നേർവഴിയിലാക്കാൻ ആഗ്രഹിക്കുന്നുവോ അല്ലാഹുസുബഹാനുഹൂവറ്റ ആല ആരെ വഴിതെറ്റിക്കുന്നുവോ അവനെ നിങ്ങളൊരിക്കലും ഒരു വഴിയും കണ്ടെത്തുകയില്ല